അള്ളാഹുസുബ് ഹാനുഹുവ ഛായരയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും അള്ളാഹുസുബ് ഹാനുഹുവ ഛായരയും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാക്കാത്തവരും വേദം നൽകപ്പെട്ടവരിൽ സത്യദീനത്തെ സ്വീകരിക്കാത്തവരുമായവരോട് അവർ വിനീതരായിക്കൊണ്ട് ജിസ്യ നൽകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക